അള്ളാഹു സുബാനഹുഅത്യാലുവോടും അവന്റെ ദൂതനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമിലും എതിർക്കുന്നവർ മുൻപുള്ളവർ അപമാനിതരായതുപോലെ അപമാനിതരാക്കപ്പെടും തീർച്ചയായും നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് സത്യനിഷേധികൾക്ക് നിണ്യമായ ശിക്ഷയുണ്ട്